സേ to... בכ 쌓 ન઄ળનીના�ાྲાાલીིેན ન્વાઁરાાલાશેད નાાલાનાળાલાાાાામ્ઝંાાામાાાાામાાામાાાાાાાાાાા അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗായത്രി പ്രവേശം അല്ലെങ്കിൽ സാവിത്രി പ്രവേശം എന്ന ചടങ്ങ് അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് കാഷായ ദീക്ഷ എന്ന് പറയുന്നു എന്നുവെച്ചാൽ കാഷായ വസ്ത്രം കൊടുക്കുന്നു അത്രയേ ഉള്ളു പിന്നെ ഇതെല്ലാം പൊതുവായി മറ്റ് കർമ്മങ്ങൾക്ക് എല്ലാം ഉള്ളതുപോലെ തന്നെ ഈ കർമ്മത്തിനും പറയും മന്ത്രഭൂതം ചരയരുത് കർമ്മങ്ങളെ ആചാരങ്ങളെ മന്ത്രം കൊണ്ട് പവിത്രമാക്കണം എന്ന് പറയും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ദീക്ഷാശബ്ദം ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ നിഗംബരനായ ശിഷ്യനെ ഗുരു അടുത്ത് ഉപദേശിക്കുന്നു അതാണ് അടുത്തത് അതുവരെയാണ് നമ്മളെത്തിയത് ധർമ്മരക്ഷാർത്ഥം ലോപക ഉപകാരാർത്ഥം ലജ്ജാനി വൃത്തിയർത്ഥം അടുത്ത് ഉള്ള ചടങ്ങുകളിലേക്ക് ഏർപ്പെടാൻ ആവശ്യപ്പെടും ആ ശിഷ്യ ശിഷ്യൻ വിവിധുഷു ആണെങ്കിൽ അങ്ങനെ ഇവിടെയുണ്ട് ആ വിവിധിഷ ഉണ്ടെങ്കിൽ ബാക്കി ഉള്ള കാര്യങ്ങൾ ഇനി ഇല്ലാത്തവനാണ് എന്നുവെച്ചാൽ ഇത്രയും ഒക്കെ കഴിഞ്ഞ പത്തെണ്ണങ്ങ് സിദ്ധനായി നിങ്ങളെയൊക്കെ പോലെ ആണെങ്കിൽ പിന്നെ ഉപദേശവും കാര്യങ്ങളൊന്നുമല്ല ആ നിന്ന പടി തന്നെ നടത്തിക്കും വടക്കോട്ടങ്ങ് പോവും ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമല്ലോ എല്ലാം ആയി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട് ഒരുവൻ വിവിധിഷുവാണെങ്കിൽ പറയുന്നു ലോക ഉപകാരാർത്ഥം വസ്ത്രം കമണ്ടലും ദണ്ഡം ഇത് മൂന്ന് സ്വീകരിക്കണം അത് പറയുന്നു വളരെ ഗുരു വളരെ അനുനയ വാക്കുകളിലൂടെ വളരെ ക്ഷമാപൂർവം ഇതൊക്കെ ഉപദേശിച്ച് മനസ്സിലാക്കുന്നു അല്ലാതെ ആജ്ഞാപിക്കുകയല്ല എന്തായാലും ധർമ്മരക്ഷാർത്ഥം ധർമ്മരക്ഷെന്ന് പറഞ്ഞാൽ അവനൊരു പുതിയ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് സന്യാസധർമ്മം ആ ധർമ്മത്തെ രക്ഷിക്കണമെങ്കിലും വസ്ത്രം ധരിക്കണം അതൊരു പ്രധാന കാര്യമാണ് തൻ്റെ ധർമ്മത്തെ ലോകത്തിനോടുള്ള ധർമ്മം ഉണ്ട് അതില്ലയെന്ന് പറയുന്നില്ല പക്ഷേ ആദ്യം തൻ്റെ ധർമ്മം ഇല്ലാത്തവന് മുന്നേ ലോകധർമ്മം എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ തൻ്റെ ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി വസ്ത്രം ധരിക്കണം പിന്നെ ലജ്ജാന്ന് വൃത്തിയർത്ഥം അവിടെ അങ്ങനെ അല്ല തൻ്റെ ശരീരത്തെ ശവമായി ധ്യാനിച്ചിട്ടാണല്ലോ അയാൾ ഗംഗയിൽ നിന്ന് കരക്കേറിയത് അപ്പോൾ ആ സമയത്ത് എന്തായാലും അയാൾക്ക് ലജ്ജയില്ല പക്ഷേ ഇത് സംഗതി രാത്രിയാണ് ഇനി പകൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതും ഇനി അതുപോട്ടെ ഒരാൾക്ക് ലജ്ജ ഇല്ലയെന്ന് തന്നെ ആയിരിക്കട്ടെ പകൽ പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്ത് നോക്കണം ലോകർക്ക് ഇയാളെ കാണുമ്പോൾ ലജ്ജ ഉണ്ടാകുമോ അത് നോക്കണം അതാണ് അതിന് ലോക ലോക ഉപകാരാർത്ഥമെന്ന് പറയുന്നു ഇപ്പോൾ വിവസ്ത്രനായ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ലോകർക്ക് ലജ്ജയുണ്ടാകാം അതുകൊണ്ടാണ് വാസയുഗ്മേന പറയുന്നു രണ്ട് വസ്ത്രം കൊടുക്കുന്നു ഒന്ന് കൊടുക്കാനും മറ്റൊന്ന് പുതയ്ക്കാനും ഓബീനം രണ്ട് വസ്ത്രം കമണ്ടലു ദണ്ട ഇത്രയും കൊടുക്കും അപ്പോൾ ഈ രണ്ട് വസ്ത്രം ഇന്തിനാ കൊടുക്കുന്നത് കാരണം നിങ്ങളൊരു ഒരു നൂറ് വർഷം മുമ്പുള്ള അന്ന് ഇവിടെ ഫോട്ടോഗ്രാഫിയൊന്നും അധികം ഇല്ല പടങ്ങൾ നോക്കിയാൽ ഈ കേരളത്തിലാണെങ്കിൽ വിശേഷിച്ച് രാജാക്കന്മാർ പോലും ഒറ്റ വസ്ത്രം ധരിച്ചിരിക്കുന്നു പിന്നെ അല്ല പാതുഷാമാര അങ്ങനെയൊക്കെ ആൾക്കാരാണ് പണ്ട് മേ ഷർട്ട് പോലെ കാരണം അന്ന് മെഷീൻ ഉപയോഗിച്ച് തുന്നിലൊന്നുമില്ലല്ലോ ഒക്കെ ഇടുന്നത് രാജാക്കന്മാർ സാധാരണ നാട്ടിലെ പ്രഭുക്കന്മാർ എല്ലാം ഒറ്റ വസ്ത്രമാണ് രണ്ടാമതൊരു വസ്ത്രം മേൽമുണ്ട് ഉത്തരിയും അതിങ്ങനെ തോഴിലെടുത്തേ ഉള്ളൂ ആൾക്കാർ പക്ഷേ അങ്ങനെ ഒരു വസ്ത്രം മേലിട്ട് കഴിഞ്ഞാൽ അന്ന് അതയാളുടെ സമൂഹത്തിൻ്റെ വലിയ സ്ഥാനത്തെ കാണിക്കുകയാണ് അയാൾ പ്രഭുവാണ് അല്ലാത്തവന് ഇനി അങ്ങനെ ഒരു വസ്ത്രം ഉണ്ടെങ്കിലും കെട്ടാൻ പാടുള്ളൂ അപ്പോൾ ഈ രണ്ട് വസ്ത്രം എന്ന് പറയുന്നത് അന്നത്തെ നിലയ്ക്ക് അത് വലിയ ഒരു ആർഭാടമാണ് അപ്പോൾ സന്യാസിക്ക് ഇതാ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ സർവവും ഉപേക്ഷിച്ച സന്യാസിക്ക് എന്തിനാ ഇത് കൊടുക്കുന്നത് അന്നത്തെ ആർഭാടമാണത് മഹാത്മാഗാന്ധി ഒറ്റമുണ്ടെടുത്ത എന്താണോ എൻ്റെ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒറ്റമുണ്ടാക്കാൻ മയ്യ എന്നുള്ളതാണ് ഇല്ല അതിനുള്ള നിവൃത്തിയില്ല എന്നാ പറഞ്ഞു ആ കാലഘട്ടത്തിലാണ് ഇത് അതിന് മഹാത്മാഗാന്ധിക്കുമൊക്കെ എത്രയോ മുമ്പാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ ഉദ്ദേശം എന്താണ് സന്യാസി ശരീരം മറച്ച് തന്നെ നടക്കണം അതാണ് ഇവിടെ പറയുന്നത് ലജ്ജാ നിവൃത്തി നടത്താം ലോകർക്ക് സന്യാസിയെ കാണുമ്പോൾ അശ്ലീലമായി തോന്നരുത് അതൊരു മുഖ്യമായ കാര്യമാണ് ഇത് ദശനാമ പരമ്പരയിലാണ് അങ്ങനെ പറയുന്നതിന് ഒരു കാരണം കൂടെയുണ്ട് കാരണം ഈ ജൈന പരമ്പര പോലെയുള്ളവരൊന്നും വസ്ത്രം ധരിക്കത്തില്ലായിരുന്നു അന്നും ധരിക്കില്ല ഇപ്പോഴും ധരിക്കാറില്ല ഇപ്പം ചിലർക്ക് ധരിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ദിശനാമ സമ്പ്രദായ പരമ്പരയിൽ വസ്ത്രം ധരിക്കണമെന്നുള്ള നിർബന്ധമൊന്നും ശരീരം മറിഞ്ഞു തന്നെ തൻ്റെ ശരീരം കണ്ടിട്ട് മറ്റുള്ളവർക്ക് അത് അശ്ലീലമാണെന്ന് തോന്നരുത് പിന്നെ പിൽക്കാലത്ത് വന്ന് ഷർട്ടും ഒക്കെ ആയി പക്ഷെ ഇന്നും ഇപ്പം നമ്മുടെ ആശ്രമത്തിനകത്ത് നമുക്കെങ്ങനെയും ഇരിക്കാം സ്വന്തം മുറിക്കാകത്ത് എങ്ങനെ ഇരിക്കാം വസ്ത്രം ധരിച്ചോ വസ്ത്രം ധരിക്കാതെയോ അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷേ സമൂഹത്തിലേക്ക് പോകുമ്പം പണ്ടും അവരുടെ കാലഘട്ടത്തിലും ഇന്നും ശരീരം നല്ലവണ്ണം മറച്ച് ഇത് ദീക്ഷയുടെ ഭാഗമാണെങ്കിലും അത് ആചാരത്തിൻ്റെ ഭാഗമാണ് തന്നെ പോക പോകണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് ഒരു ഉത്തരീയമ്മയെ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞാനും രാമകൃഷ്ണദേവനാകാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഉത്തരീയമ്മയെ ഉപയോഗിക്കൂ അങ്ങനെയൊന്നും വാശി പിടിക്കുന്നത് ഇന്നത്തെ കാലത്ത് ശരിയില്ല കാരണം നിങ്ങളങ്ങനെ നിങ്ങളുടെ മുറിക്കകത്ത് അടച്ച് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ശരി നിങ്ങൾ പുറത്തിറങ്ങുന്നു ഇന്നത്തെ എന്താണോ ബസിലും ട്രെയിനിലും ഒക്കെ യാത്ര ഒരിക്കലും ഈ ഉത്തരീയോ എന്ന് പറയുന്ന പരിപാടിയൊന്നും ഒരിക്കലും ശരിയാകത്തില്ല കാരണം ബസ്സ് കയറിയ സീറ്റ് കിട്ടത്തില്ല സ്വാമി എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് അനുഭവമുണ്ട് സ്വാമി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ സീറ്റ് ഒഴിഞ്ഞൊന്നും തരത്തില്ല അപ്പം ബസ്സില് നിൽക്കുമ്പോൾ മേളിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം അപ്പം ഈ മേളിൽ കിടക്കുന്നെങ്കിൽ താഴെ പോകും ഒരു കൈ കൊണ്ട് അതീ പിടിക്കണം ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ ഞാനും ആദ്യം ഇതൊക്കെയാണ് സന്യാസമെന്ന് വിചാരിച്ച് അനുകരണ ഭ്രമം കൊണ്ട് നടന്നതാണ് കുറേ അത് അനുഭവം വെച്ച് അപ്പോൾ ആൾക്കാർ വിചാരിക്കുക പിന്നെ ഏത് വന്നാണ് എന്നും ആൾക്കാരുടെ ഒരു കുച്ഛാവത്തിൽ നമ്മളെ നോക്കുന്നു ഉണ്ടാകുന്നു ഇന്നത്തെ കാലത്തേക്ക് പറ്റിയ കാര്യമേ അല്ല ഈ ഉത്തരിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പലരും ഉത്തരവില് കൊണ്ട് ഇത് ഇതിനാകാത്ത ഒരു ഞാൻ പറയുന്നു നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഉള്ള കാര്യം പറയുകയാണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വേണമല്ലോ ഒരു രാമകൃഷ്ണദേവനോ വിവേകാനന്ദനോ ഒരനുകരണ ഭ്രമം നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയില്ലെങ്കിൽ പോരാ അനുകരണ ഭ്രമം വലിയ അപകടമാണ് നമ്മളാരെയും അനുകരിച്ചിട്ട് കാര്യമില്ല എന്താണ് നമ്മൾ നമ്മളതാണെന്ന് നമുക്കറിയാം അനുകരിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല നമുക്ക് നമ്മളായിരിക്കാനേ പറ്റും ആരെയൊക്കെ അനുകരിച്ച് എന്തൊക്കെ പ്രായങ്ങൾ കാണിച്ചാലും കെട്ടിയാലും നമ്മൾ നമ്മളല്ലാതെയൊന്നും ആകത്തില്ല അതുകൊണ്ട് നമ്മുടെ ശരീരസ്ഥിതി അനുസരിച്ച് നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് ലജ്ജ നൂർത്തിയൃത്ഥം രണ്ടു വസ്ത്രം മാസ എന്ന് പ്രത്യേകം സന്യാസ പദ്ധതിയിൽ എഴുതിയിട്ടുണ്ട് പിന്നെ അതൊരു സൗകര്യമുണ്ട് കുളിക്കുമ്പോൾ ഒന്ന് നനയ്ക്കുമ്പോൾ മറ്റൊന്നും കൊടുക്കാം അത് ഉണങ്ങുമ്പോൾ രണ്ടും ഉപയോഗിക്കുക വളരെ പുരാതനമായ ബൗദ്ധ സന്യാസ സമ്പ്രദായത്തിന് കഥകളി പറയുന്നതാണ് ആദ്യം ബുദ്ധൻ ഒരു വസ്ത്രം കൊടുത്ത് പിന്നീട് രണ്ട് വസ്ത്രമാക്കി അത് ശരിയല്ല അപ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ നമ്മുടെ പുറമേ ഉള്ള ചുറ്റുപാടൊക്കെ അനുസരിച്ച് പാൻറ്റ് ഷർട്ട് വാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്താ കുഴപ്പം ഈ ഫ്ലൈറ്റിലകങ്ങൾ സഞ്ചരിക്കുമ്പോൾ പിന്നെ എന്നോടൊരു സ്വാമി പറഞ്ഞാണ് സൗദി അറേബ്യയിലേക്ക് ചെന്നപ്പോൾ അവർ സ്വാമിയോട് പറഞ്ഞ മുണ്ടും ഈ പരിപാടിയൊന്നും ഇവിടെ പറ്റത്തില്ല സ്വാമി കൊണ്ട് പാൻറ്റടിയിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ശിവഗിരിയിലെ ഒരു സ്വാമി എന്നോട് നേരിട്ട് പറയും ഇപ്പോൾ അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല ആ പാൻറ്റ് ഇടിച്ചു വിവേകാനന്ദ സ്വാമി പോയപ്പോൾ ഇതുപോലെ തന്നെ സ്വാമിയും ഇവിടുത്തെ വേഷമൊക്കെ ധരിച്ച അവിടെ പോയി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിരിക്കും അവസാനം പാൻറ്റ് ഷർട്ട് വാങ്ങേണ്ടി വന്നു കാലം മാറുകയാണ് ഹിന്ദുക്കളുടെ ഇടയിൽ ഈ സന്യാസിമാരെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഒരു അവജ്ഞ തോന്നുന്നതിന് കാരണം അവിടെ ഈ വേഷമാണ് ദരിദ്രവാസികളെപ്പോലെ വേഷം കിട്ടിക്കഴിഞ്ഞാൽ വേഷമാണ് നമ്മളെ കുറിച്ചൊരു റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹം നിങ്ങളൊരു വേ വേദിയിലൊക്കെ പോയിരിക്കുമ്പോഴേ നിങ്ങളിങ്ങനെ വയറൊക്കെ ചാടിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു നിങ്ങളെക്കുറിച്ചൊരു ബഹുമാനം തോന്നത്തില്ല നിങ്ങൾ ഈ ക്രിസ്ത്യാനികളെയൊക്കെ നോക്കുക അവർക്ക് ഈ പാസ്റ്റർമാരൊക്കെ അവർ സംഭാഷണമൊക്കെ നടത്തുമ്പോൾ എത്ര ഡീസെൻറ്റായിട്ട് അവർ വേഷം ധരിച്ചിരിക്കുന്നു പാൻറ്റും ഷർട്ടും ഒക്കെ ഇൻ ചെയ്ത് സന്യാസിമാരേ അങ്ങനെയൊക്കെ നടക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് നടന്നാൽ മതി എന്നാൽ ലോകത്തിൻ്റെ മുമ്പിൽ ഇനി നിൽക്കാൻ പറ്റും കാലം മാറുന്നു എന്നുള്ള നമ്മൾ മനസ്സിലാക്കും അന്ധമായ അനുകരണ ഭ്രമം കൊണ്ട് പഴയ മാമൂലുകൾ കടിച്ചു തൂങ്ങി കിടന്നാണ്ട് അത് ഇന്ന് പല സന്യാസിമാരും അങ്ങനെയാണ് ഇവിടെയൊക്കെ ഇതുപോലെ ആണെങ്കിലും വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലർ അവിടുത്തെ രീതിക്ക് അനുസരിച്ച് ഇതൊക്കെ മാറുന്നുണ്ട് ഇനി അങ്ങനെ മാറിയില്ലെങ്കിൽ അവരിങ്ങനെ ഒരു വിചിത്ര ജീവിയെ പോലെ തുറച്ചു നോക്കും ഇതെവിടെ നിന്ന് അന്യഗ്രഹ ജീവിയെല്ലാം ആണോ എന്നുള്ള രീതിയിൽ അവർ തുറച്ചു നോക്കും ഇപ്പം തന്നെ എന്നോട് പറഞ്ഞു വിദേശത്ത് സമൂഹമായിട്ട് പോകുമ്പോൾ ഇത് വലിയ പ്രശ്നം വരത്തില്ല കാരണം ഒരാളല്ലല്ലോ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ഇമിഗ്രേഷനിലൊക്കെ ചെല്ലുമ്പോൾ അവരിങ്ങനെ സാധാരണക്കാരെ പോലെ കടത്തിവിടത്തില്ല ഇയാളെ താടിയും ഈ ഉത്തരവോ അത് ഇതുമൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്ക് സംശയമാണ് ഇമല്ല ഒസാമ ബെൽ ലാഡൻ്റെ ബെൻട്രം ബാലേ ഈ ഗ്രൂപ്പിലൊക്കെ അവർ ചോദ്യങ്ങളോട് ചോദ്യം അവർ നിർത്തിപ്പോരിക്കും എന്നിട്ടാണ് പിന്നെ അകത്തോട്ട് അവരുടെ രാജ്യത്തിലേക്ക് കയറ്റുന്നത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ പലയിടത്തും ഈ താടി കണ്ടാൽ തന്നെ അടിച്ചു കാരണം അവർക്ക് പേടിയാണ് തീവ്രവാദികളൊക്കെ താടിയുള്ളവരാണ് അതുകൊണ്ട് വസ്ത്രധാരണം മാന്യമായ വസ്ത്രം ധരിക്കുക ആൾക്കാർക്ക് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് അതാണ് ലജ്ജെന്ന് വൃത്തിയെടുത്ത് എന്ന് പഴയ കാലത്ത് തന്നെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ മനസ്സ് ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കുമ്പം സന്യാസിയുടെ ആചരണത്തിൽ അങ്ങനെയുള്ള ഒരു പുറത്ത് പോകുമ്പോൾ അങ്ങനെയുള്ളൊരു ബസ്സും നമ്മളൊരിക്കലും നമ്മൾ ഈ നമ്മുടെ ഒരു തുണി കഷണം കൊണ്ടൊന്നും നമ്മളെ വൈരാഗ്യത്തെ പ്രദർശിപ്പിക്കാൻ അതൊക്കെ വെറും അന്ധതയാണ് പണ്ടത്തെ കാലത്ത് പറഞ്ഞില്ലേ അന്നും മനുഷ്യന് തുന്നൽ പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ഉത്തരവൊക്കെ ഇട്ട് മനുഷ്യൻ നടന്നത് രാമകൃഷ്ണദേവൻ്റെ കാലത്തും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അന്ന് ശരിയായിരുന്നു പക്ഷെ ഇന്ന് കാലം ഇന്നത്തെ രീതിക്ക് വസ്ത്രം ധരിക്കുകയെന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് പോകുന്നവർ നമ്മളെപ്പോലെയുള്ള ഒരു വിശേഷം ഇത് അന്ന് തന്നെ ആചാര്യന്മാർ ഇത് രേഖപ്പെടുത്തി വെച്ചെന്ന് പറയുമ്പോൾ ഇന്ന് അതിന് മൂല്യമുള്ള സംഗതിയാണ് ഇനി ഒരു അനുഭവതയോടെ പറയാം ഞാൻ വിശേഷ ചെന്ന സമയത്ത് അവിടെ എന്താണ് ശുഖബ്രഹ്മ ആശ്രമം അവിടെ താമസിക്കുകയാണ് അന്ന് അവിടെ യക്ഷികേശത്ത് ഇതുപോലെ നഗ്നായി നടക്കുന്നൊരു സ്വാമി ഉണ്ടായിരുന്നു അവിടെ ശരിയാണ് കാരണം അവിടെ കുറച്ച് മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ തുണിയില്ലാതെ നടന്നു കഴിഞ്ഞാൽ അതെന്തോ മഹത്വമാണ് അപ്പം ഞാനും ഒരു മലയാളി സ്വാമിയും ഈ അവിടെ കുറച്ച് കാടുള്ള സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെങ്കിലും കാടുള്ള സ്ഥലമാണ് ഇന്നവിടെയൊക്കെ വലിയ ടൗണായി വളരെ പെട്ടെന്ന് മാറ്റം വന്നത് വലിയ എന്താണ് ബിൽഡിങ് കോംപ്ലെക്സുകളും അതും ഇതും ഒക്കെ ആയി പോയി കണ്ട ഞാൻ കുറച്ച് രണ്ട് മൂന്ന് വർഷം മൂന്നാലു വർഷം മുമ്പ് പോയിട്ട് ഈ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാരണം കംപ്ലീറ്റ് മാറിക്ക് പോയി അവിടെയൊന്നും ഒരിഞ്ച് സ്ഥലമില്ല അപ്പോൾ അവിടെ നിന്ന് ഇയാളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ട് ഈ മലയാളി സ്വാമി പുതുതായിട്ട് വന്നതാണ് എന്നെ അന്വേഷിച്ചാൽ അവിടെ നിന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ രണ്ടു കൂടി ഇങ്ങോട്ട് വരികയാണ് ഭിക്ഷയ്ക്ക് പോവുകയാണ് അവിടെയാണ് ഈ പിന്നെ നിർവാണസ്വാമി നിർവാണി എന്നാണ് അവർ പറയുന്നു നിർവാണി ഇങ്ങനെ വരികയാണ് ഭയങ്കര സ്പീഡിൽ അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് ഒരുത്തം കണ്ട സ്വാമിയാണെന്ന് തിരിച്ചറിയാനും പറ്റത്തില്ല ഇത്രയും ജനങ്ങളുള്ള ഇടയ്ക്ക് ഇയാള വരുന്നുണ്ടല്ലോ. ഇവി മലയാളികളുടെ ഒരു സ്വഭാവമുണ്ടാണ്. പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കുനിഞ്ഞു കല്ലെടുക്കും. ഇയാളും ആ സ്വഭാവം വെച്ചായിരിക്കും പെട്ടെന്ന് കുനിഞ്ഞു ഒരു കല്ലെടുത്ത്. ഞാൻ ഈ എന്തിനാ ഈ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഈ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ്കാര സന്നിയാശയോ. ഇയാളൊരു കല്ലെടുത്ത് ഞാൻ പറഞ്ഞു അയ്യോ ഇത് കേരളമല്ല അല്ലൊ ഇവനൊന്ന് കൊടുക്കണം ഇവൻ എന്നാലും തുണി കൊടുക്കത്തുള്ളത് ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ അയാളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അയാളുടെ പോക്കും നടത്തും ശരീരം ചലിപ്പിക്കാതെ ഉള്ളൊന്ന് നടത്തുമൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് പിന്നെ ഇറിഞ്ഞാൽ മതി ഇതിവിടെ ആൾക്കാർ തല്ലിക്കൊല്ലും നമ്മൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഓ ഇത് കേസ് മറ്റേ കേസാണോ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇത് പുളംപാറ ഇവിടെ ആയതുകൊണ്ടാണ് ഇത് രക്ഷപ്പെട്ടു പോകുന്നത് പിന്നെ ഒന്നും ചെയ്തില്ല അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പിന്നെ പലപ്പോഴും അവിടെ കണ്ടിട്ടുണ്ട് ഒരു വിഭ്രാന്തിയിലങ്ങനെ പോകുന്നതാണ് തമിഴ്നാട്ടിലുള്ളെങ്കിൽ ആൾ എന്താണ് ആടൈ ഇല്ലാ സാമി സിദ്ധനായന് അപ്പോൾ വസ്ത്രധാരണമെന്ന് പറയുന്ന അവിടെ പറയുന്ന ഇവിടെ ഗുരു തന്നെ ഉപദേശിക്കുന്നു ധർമ്മരക്ഷാർത്ഥം സന്യാസിക്ക് ഒരു ധർമ്മം വേണ്ടേ വസ്ത്രമില്ലാന്നാണ് എങ്ങനെയാണ് ധർമ്മമൊക്കെ സംരക്ഷിക്കുന്നത് തൻ്റെ ധർമ്മം തന്നെ പോകും അപ്പോൾ ഇത് ആ ഇവിടെ വേറെ കാര്യങ്ങളിപ്പോൾ സന്ദർഭമായി ഓർമ്മ വരുന്നതാണ് ഈ സന്യാസത്തിൻ്റെ ഈ ദീക്ഷാക്രമത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹരിദ്വാറിലൊരു ചർച്ചയാണ് ഈ നമ്മുടെ ഭാരതത്തിലെ ഈ ദശനാമ സമ്പ്രദായത്തിൻ്റെ കേന്ദ്രം ഹരിദ്വാറാണ് എന്നുവെച്ചാൽ അഖാടകളുടെയൊക്കെ കേന്ദ്രം അവിടെയാണ് അപ്പോൾ ആ സമയത്ത് പല സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ സ്ത്രീകൾ സന്യസിക്കാൻ തുടങ്ങി അപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച വന്നത് കാരണം അവിടെ സന്യസും പുറത്തിറങ്ങി അടങ്ങണമെങ്കിൽ അവരുടെയൊക്കെ അനുവാദം വേണം അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല അടി കിട്ടും അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടായിരിക്കും സ്ത്രീകൾക്ക് സന്യാസം സന്യാസി ആകാന്ന് വെച്ചാൽ സന്യാസി ആരെങ്കിലും കൊടുക്കണ്ടേ ദീക്ഷ കൊടുക്കേണ്ടേ ഈ പറയുന്ന പോലെ ഭാഷ ഇതാണ് അപ്പോൾ ഒരു ചർച്ച നടന്നപ്പോൾ രണ്ട് ഗ്രൂപ്പായി പഴയ സംസ്കൃത പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു പാടില്ല ഭാഷയ പണ്ഡിതന്മാരെല്ലാം ഈ ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച കുറേ സാമ്യാൻ അവർ പറഞ്ഞാകാം അങ്ങനെ രണ്ടായി തിരിഞ്ഞത് അപ്പോൾ ഒരു വലിയ ചോദ്യം വന്നു ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സന്യാസ ദീക്ഷ എങ്ങനെ കൊടുക്കും ഈ സന്യാസത്തിലെ പല ചടങ്ങുകളും ഇങ്ങനെയുള്ള ചടങ്ങുകളുണ്ടോ അത് സ്ത്രീക്ക് എങ്ങനെ സാധ്യമാകും കാരണം സന്യാസം കൊടുക്കേണ്ടത് പുരുഷനാണല്ലോ സ്ത്രീയുടെ ഒരു പരമ്പര ഇല്ലല്ലോ ഈ രാമകൃഷ്ണ മിഷൻ അങ്ങനെയൊക്കെ ഉള്ളിടത്തല്ലാതെ ദിശനാമ അതിൽ ഒരു പരമ്പര ഇല്ല സ്ത്രീക്ക് എങ്ങനെ സന്യാസം പുരുഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും പുരുഷൻ ഈ പറയുന്ന വിധിയനുസരിച്ച് സ്ത്രീക്ക് സന്യാസം കൊടുക്കുകയാണെങ്കിൽ അയാൾ ആരൂഢപതിതനാകും എന്നുവെച്ചാൽ അയാളെ ബഹിഷ്കരി എന്നു വെച്ചാൽ സന്യാസധർമ്മത്തിൽ ആരൂഢനായതിനു ശേഷം അതിൽ നിന്ന് വീണുപോകുന്നവനാണ് ആ ആ കുറ്റമാണ് കുറ്റകൃത്യമാണ് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യും സന്യാസിമാർ അപ്പോൾ അത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് അപ്പോൾ ഒരു ആദ്യത്തെ ഒരു നിർദ്ദേശമൊന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ദീക്ഷാ പദ്ധതിയിൽ കുറേ മാറ്റം വരുത്താം അങ്ങനെ സ്ത്രീകൾക്ക് ഓടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം ദിഗംബരമായി നിന്ന് വസ്ത്രം സ്വീകരിക്കുക ഇങ്ങനെയുള്ള കാര്യം അപ്പോൾ പ്രശ്നമില്ലല്ലോ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു സ്ത്രീയുടെ ഗുരുപുരുഷനായിരിക്കും അപ്പോൾ ഗുരു പുരുഷനിൽ നിന്ന് കാഷായവും തത്വ ഉപദേശം ഇങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ അത് പറ്റത്തില്ല കാരണം തസ്മാത് ശാസ്ത്രം പ്രമാണന്ത ഇതിൽ പിന്നെ എല്ലാവരും മുറുകെ പ്രത്യേകിച്ചും ഇപ്പം നമുക്ക് സന്യാസ പദ്ധതി പോലെയുള്ള ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ അതുകൂടെ പറയാം ഈ ശാസ്ത്രത്തെ അനുസരിച്ച് മതിയാവും ഏ ശാസ്ത്രവിധികൾ കാരണം അങ്ങനെ ഒരു ശാസ്ത്രത്തിൻ്റെ വിധിയുള്ളപ്പോൾ ആ വിധിയെ സ്വീകരിച്ചേ മതിയാവും വേണമെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തും പക്ഷേ അതിൻ്റെ മുഖ്യമായ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ നോക്കത്തില്ല അപ്പം നിങ്ങൾക്ക് ആശുപത്രി നടത്തുന്നതിനും സ്കൂൾ നടത്തുന്നതിനും കോളേജ് നടത്തുന്നതിനും ഒന്നും പഴയ ശാസ്ത്രം വേണ്ട അതിന് ഇന്നത്തെ ശാസ്ത്രമാണ് പക്ഷേ ഗണപതി ഹോമം നടത്തുന്നതിനും ഗണപതി ഹോമം നടത്തുന്നതെങ്കിൽ നമുക്കതിൻ്റെ വിധിയനുസരിച്ച് അതിൻ്റെ സമയമെടുത്ത് വിധി അനുസരിച്ച് തന്നെ ചെയ്യണം അതാണ് അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാതിരിക്കണം വേണ്ടാന്ന് നോക്കണം ചെയ്യുകയാണെങ്കിൽ കാരണം അതൊരു വിധിയുടെ ഒരു സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു ശാസ്ത്രമുണ്ട് അതിന് വ്യക്തമായിട്ട് അതിന് പിന്നെ ദുരാചാരമായിട്ടൊന്നുമില്ല ദുരാചാരങ്ങളുണ്ടെങ്കിൽ മാറ്റാം കാലത്തിനനുസരിച്ചല്ലാത്ത കാര്യങ്ങളുണ്ട് ഗണപതി ഹോമത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് മാറ്റാം പക്ഷേ ഇതങ്ങനെയല്ലോ ഒരു ഗണപതി ഹോമം നടത്തുന്നതിനത്തെ സമയമെടുക്കും ഇവിടെ രണ്ടു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂർ മന്ത്രങ്ങളൊക്കെ ചത് നമ്മൾ ദിവസവും ചെയ്യുന്നതാണ് പക്ഷേ സന്യാസ പദ്ധതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഒരിക്കലൂടെ ചെയ്യാൻ അവസരമില്ല ഒരു ചാൻസാവില്ല അപ്പോൾ അത് എത്ര ശാസ്ത്രവിധി അനുസരിച്ച് തന്നെ ചെയ്യണമെന്നുള്ളതിൽ ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് തന്നെ ചെയ്യണം അതിൽ മുഖ്യമായ കാര്യങ്ങളിൽ എങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കണം അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല എന്താണോ യ ശാസ്ത്രവിധി മുസൃജ്യ വർത്തേ കാമക്കാര ഏതൊരുവിനാണോ ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ വിശേഷിച്ചു ശാസ്ത്രവിധികളെ ഉല്ലംഘിച്ചിട്ട് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നത് അവനതിൻ്റെ ഫലം കിട്ടത്തില്ല അവനതിൻ്റെ സുഖം കിട്ടത്തില്ല അവനതുകൊണ്ട് അവൻ നശിക്കുകയും ചെയ്യും അത് ഇവിടെത്തന്നെ പറയുന്നു ഭൗത്ഗീതി തന്നെ പറയുന്ന കാര്യമാണ് അപ്പോൾ ഇത് സ്വീകരിച്ചേ മതിയാവും ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും പോകാതിരിക്കുന്നു അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മര്യാദക്ക് തന്നെ ചെയ്യണം അപ്പോൾ ഇതിൽ എന്ത് അപ്പോൾ ഇതൊന്നും ഒഴിവാക്കാനും പറ്റത്തില്ല മുഖ്യമായ ക്രിയയാണ് ഗംഗാധീരക്രിയയിൽ സന്യാസത്തിൻ്റെ ഭാഗമാണ് ഒന്നും വിടാൻ പറ്റത്തില്ല അവസാനം അവിടെ ഒരു തീരുമാനത്തിലെത്തി എനിക്കൊന്നും ഇന്നും അതാണ് തുടരുന്നതെന്നാണ് ഈ ശാസ്ത്രവിധി ഒന്നും തെറ്റിക്കാതെ തന്നെ സ്ത്രീകൾക്ക് സന്യാസം സ്വീകരിക്കാം എങ്ങനെയാണെങ്കിൽ കത്തുന്നില്ല സ്ത്രീകൾക്കും കത്തുന്നില്ല പുരുഷന്മാർക്ക് കത്തണ്ട പോട്ടെ സ്ത്രീകൾക്ക് സ്ത്രീ തന്നെ സന്യാസം കൊടുക്കുക പ്രശ്നമില്ലല്ലോ ഈ പറയുന്ന എല്ലാ ക്രിയകളും സ്ത്രീക്ക് സ്ത്രീ തന്നെ ചെയ്യുക ബാക്കി വരുന്ന കാര്യങ്ങൾ ഏതാണോ തത്വോപദേശം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിരജാഹോമം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുരുഷനായ ഗുരുവാണെങ്കിൽ അത് ചെയ്യുക അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇന്നും നടക്കുന്നതെന്നും എനിക്കറിയത്തില്ല അപ്പോൾ അവിടെ ആചാരഭ്രംശം ഉണ്ടാകുന്നില്ല ആചാര വ്യതിക്രമം ഉണ്ടാകുന്നില്ല ദുരാചാരങ്ങൾ സംഭവിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അന്ന് ചർച്ച ചെയ്തതുകൊണ്ട് കേട്ടതുകൊണ്ട് അതെനിക്കറിയും അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൂർണ്ണമായും ആ വിധിയനുസരിച്ച് ചെയ്യുക ഇപ്പോൾ ആ വിടെ ഗുരു ദീക്ഷാ ഗുരു ശിഷ്യന് വസ്ത്രവും ദണ്ടും കമണ്ഡലവും കൊടുക്കുന്നു ഈ കമണ്ഡലവും എന്ന് പറയുന്നത് പഴയ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ദണ്ഡം എന്ന് പറയുന്നൊരാചാരമാണ് അപ്പോൾ കമണ്ഡലം എന്ന് പറയുന്നത് ശൗചാതി കാര്യങ്ങൾക്ക് കമണ്ഡലും കമണ്ഡലവും ജലവും അതിൽ ജലവും ഇല്ലാതെ നടക്കത്തില്ല എല്ലായിടത്തും വെള്ളം കിട്ടത്തില്ലല്ലോ അതുകൊണ്ടാണ് കമണ്ഡലവും ജലവും എപ്പോഴും ഞാൻ ശേഷത്തൊക്കെ ചെന്ന സമയത്ത് കമണ്ഡലും ഒരു സ്വാമിയെ പുറത്തെങ്ങാനും കണ്ടാൽ തൂക്കുപാത്രം മതി മറ്റേ സാധനം വേണ്ട പ്രായമുള്ള സ്വാമിമാർക്കൊക്കെ അവനും മുഖം ചൊളിയും ജീവൻ എവിടുത്തെ സ്വാമിയാണല്ലോ ആചാരമില്ലാത്ത പിന്നെ ഈ ഷോഡശി പോലെയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട് അവിടെ സന്യാസി അവിടെ കമണ്ടിലും ഇല്ലാതെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഇരുത്തത്തില്ല എന്ന് വെച്ചാൽ ശൗചമില്ലാത്തവനാണ് ശൗചാചാരമില്ലാത്തവനാണ് അവനെ പന്തിയിൽ കയറ്റാൻ പാടില്ലെന്നാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വെള്ളത്തിനൊക്കെ കൂടുതൽ സൗകര്യങ്ങളുണ്ട് ശൗചാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമണ്ടില വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല എന്നാലും ഒരാചാരമെന്നുള്ള ഇതിലേക്ക് പ്രണവേന സർവം പ്രണവേ നെയ് വസ്ത്രമൊന്നും വരിക ഇതെല്ലാം ചെയ്യുമ്പോൾ മന്ത്രങ്ങളുണ്ട് ഓരോന്നിനും അതിന് പ്രണവം കൊണ്ട് മതി എന്നാണ് അല്ലെങ്കിൽ മന്ത്രം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ അനുസരിച്ച് ശിഷ്യൻ ഇതെല്ലാം സ്വീകരിക്കുന്നു വസ്ത്രം ധരിക്കുന്നു അപ്പോൾ ഒരു കാര്യം പ്രത്യേക ഓർക്കണം നേരം വെളുത്തിട്ടില്ല ഇനി നേരം വെളുത്താലും കുഴപ്പമില്ല എന്തുകൊണ്ട് ശേഷ്യം വസ്ത്രം ധരിച്ചു അപ്പോൾ അന്ന് അന്ന് ഈ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യുന്ന സമയത്ത് പോലെ നോക്കുക അവർ സാമൂഹികമായ മര്യാദകളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ പാലിച്ചുകൊണ്ടു ആ ചെയ്തത് അല്ലെങ്കിൽ ഇത് പല പകല് ചെയ്തു അപ്പോൾ പല കാര്യങ്ങളിലും നമ്മുടെ ആചാര്യന്മാർ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു പിന്നെ ശിഷ്യൻ ഗുരുവിനെ നമസ്കരിക്കുന്നു സാഷ്ടാംഗമായി പിന്നെ ഗുരുവിനോട് തൻ്റെ പ്രതിജ്ഞ അദ്യപ്രഭൃതി ഭൂതാനി നമാം ഹിംസ്യന്തി മഹാവ്രതം കരിഷ്യാമി കായിന മനസ്സാകിര ഇങ്ങനെയെല്ലാം ഉള്ള പ്രതിജ്ഞകൾ ഇന്ന് അദ്യപ്രഭൃതി ഭൂതാനി നഹിംസ്യന്തി കഥാചനം മഹാഭ്രതം ചരിഷ്യാമി ഇതൊരു പ്രതിജ്ഞയാണ് കായേന മനസ ഗിര ഇതെല്ലാം പ്രേക്ഷക ഗുരു ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഗുരുവിൻ്റെ മുമ്പിൽ ഗരുഡാസനത്തിൽ നിന്നുകൊണ്ട് തൊഴുതുകൊണ്ട് ഈ പ്രതിജ്ഞകളൊക്കെ എടുക്കുന്നു ഗരുഡാസനം എന്ന് പറഞ്ഞാൽ അറിയാം അത് ഒത്തിരി പ്രയാസമാണ് ഒരു കാലിൽ ബലം കൊടുത്ത് നീക്കണം പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാലം മറ്റൊരു കാലിനോട് അടുപ്പിച്ച് സാറിന് ഒന്നും ഇങ്ങനെ തൊഴുതു പിടിച്ച് അല്പമൊന്ന് കുനിഞ്ഞ് വിനയത്തോടു കൂടി നിക്കുക അവ ഗുരു പറയുന്ന ഉപദേശങ്ങളേ ഗുരുവിനോട് ഈ പ്രതിജ്ഞകളല്ല എടുക്കുന്നു മഹ്രതം അഹിംസാ സത്യം ബ്രഹ്മചര്യം അപരിഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ അഹിംസാ സത്യം അസ്തയം ബ്രഹ്മചര്യം അപരിഗ്രഹം അഭയം സർവ ൂദേഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ തുടങ്ങുന്നത് പിന്ന എല്ലാ പ്രാണികൾക്കും ഞാൻ അഭിയം കൊടുക്കുന്നു അതായത് സന്യാസി സ്വീകരിക്കുന്നവൻ ഗുരുവിൽ നിന്ന് സന്യാസ ദീക്ഷ കൊടുക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ എന്നു വെച്ചാൽ ഈ ഇതെല്ലാം ദീക്ഷയുടെ ഭാഗമാണല്ലോ സന്യാസം സ്വയം പ്രഖ്യാപിക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ കാഷായ ദാനം ഇതെല്ലാം സ്വീകരിക്കുമ്പോൾ സന്യാസി ദീക്ഷ കൊടുക്കുന്നു ആർക്കാണ് സർവപ്രാണികൾക്കും അതാണ് അഭയദീക്ഷെന്ന് പറയുന്നു അത് ശ്രുതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് അധ പരിവ്രാട്ട് വിവർണവാസ മുണ്ട് അപരിഗ്രഹ അക്രോധി ശുചി ഭക്ഷാണഹ ബ്രഹ്മഭൂയായ കൽപ്പതി ഇതിനെ വികസിപ്പിച്ചെടുത്താണ് അവിടെ പറയുന്ന ദ്രോഹി എതി ആരെയും ദ്രോഹിക്കരുത് പാരകൾ പണിയരുത് ഈ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഹിംസ എന്ന് പറയുന്നത് നമ്മുടെ പാരയും വലിയ ഹിംസയാണ് ഭയങ്കര ഹിംസയാണ് അത് വിടാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് അത് ചിലപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളങ്ങനെ പ്രതിജ്ഞയൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് അത്ര സ്ട്രിക്റ്റ് എനിക്കറിയത്തില്ല നിങ്ങൾ പ്രതിജ്ഞ എടുത്തോ ഞാനോരോടും ചോദിച്ചുമില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്തത് അപ്പോൾ എന്തായാലും ഒരു പ്രതിജ്ഞയുണ്ട് അപ്പോൾ സന്യാസി സ്വയം ദീക്ഷ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ സർവ്വപ്രാണികൾക്കും അഭയദീക്ഷ അങ്ങോട്ട് കൊടുക്കുകയാണ് എന്നിൽ നിന്ന് ഒരു ഹിംസ ആർക്കും ഉണ്ടാകത്തില്ല എന്നാണ് ഇതാണ് ശരിയായ വിധി ഇതിനൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് കാര്യം നമ്മുടെ ഈ ഭാരത ഒരു കാലത്ത് സന്യാസികളെ ചാവേറുകളാക്കി മാറ്റിയിട്ടുണ്ട് അത് വേറെ ചരിത്രമാണ് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഞാൻ പറയുന്നത് എങ്ങനെയാണ് സന്യാസവിധി അവിടെ അഭയദീക്ഷ നൽകിക്കൊണ്ടാണ് സന്യാസികൾ പിന്നെ ആ സന്യാസിന്നൊരു ഭദ്രവം കായീന മനസ്സാഗിര ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഗുരുവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ പിന്നെ കുറെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് യോ ബ്രഹ്മാണം വിദാതി യോ വൈവേദംശ്ച പ്രണോതി തസ്മൈ തം സർവുദ്ധിപ്രകാശം മമുക്ഷു വൈ അഹം ശരണം പ്രപത്യേ അത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പം വലത്തേക്കാലിൻ്റെ ജാനുമുട്ട് തറയിലുറപ്പിച്ച് രണ്ട് കൈകൊണ്ടും ഗുരുവിൻ്റെ പാദത്തെ ഗ്രഹിച്ചുകൊണ്ട് ആണ് പ്രാർത്ഥിക്കുന്നത് അതേ ഭൗ ബ്രഹ്മ ശ്രുതി പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ഇതൊക്കെ അപ്പോൾ പറഞ്ഞു കൊടുത്ത് ജയിക്കുന്ന കാര്യങ്ങൾ അതിനവിടെ ഒരാളുകൂടെ വേണമെന്ന് പറയുന്നു ഒരാൾക്ക് മാത്രം സന്യാസതീക്ഷ കൊടുക്കാൻ പറ്റത്തില്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം ആര് അങ്കൾ ഗുരു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ആദ്യത്തെ തത്വോപദേശം അവിടെ ഒരു ശുദ്ധോസി മുക്തോസി നിത്യോസി ഇങ്ങനെയുള്ള ബ്രഹ്മ തത്വത്തെ അതാണ് അവിടെ പ്രത്യേകിച്ച് എടുത്തിരിക്കുന്നത് നിങ്ങളൊക്കെ ദശനാമികളാണ് ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു ഞങ്ങൾ ദശനാമിയാണ് ആയിക്കോട്ടെ പക്ഷെ ദശനാമിയാണെങ്കിൽ നിങ്ങൾ ബ്രഹ്മതത്വോപദേശമാണ് ഗ്രഹിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടെന്നാണ് അത് പറഞ്ഞിരിക്കുന്നു ബ്രഹ്മത്തോപദേശത്തെ ചെയ്യുന്നു ഗുരു ആ ബ്രഹ്മത്തോപദേശം കഴിഞ്ഞതിന് ശേഷം ഗുരു എന്ത് ചെയ്യുന്നു അത് അടുത്ത ഒരു പ്രധാന കർമ്മമാണ് ശങ്കിൽ ഗംഗാജലം നിറച്ച് ഓങ്കാരം ദ്വാദശം അഭിമന്ത്രിയ ഓങ്കാരത്തെ ദ്വാദശ വാരം ഉച്ചരിച്ച് ആ ജലത്തിൽ പുഷ്പ മറ്റുമൊക്കെ അർച്ചിച്ച് ധേനുമുദ്ര കാണിച്ച് അറിയാം നിങ്ങൾ പൂജ ചെയ്യുന്നവർക്കറിയാം ധേനുമുദ്രൾ ഇങ്ങനെ ഉളച്ച് വെച്ച് ധേനുമുദ്ര കാണിച്ച് തർജന്യ അങ്കുഷ്ടാഭ്യാം ദർഭത്തെ ദർഭ ദർഭക്കുല്ലാതെടുത്ത് ഈ ജലത്തിൽ സ്പർശിച്ച് അതുകൊണ്ട് ശിഷ്യന് അഭിഷേകം ചെയ്യുന്നു അഭിഷേക സന്യാസത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് സന്യാസത്തിലെ പ്രധാന ചടങ്ങുകളായി ഇതിൽ ഈ മാറ്റങ്ങൾ വരുത്തുന്ന എവിടെയെന്ന് വെച്ച് ഇതിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട് അത് കുറേ കുറയ്ക്കും പലതും വേദമന്ത്രങ്ങളൊക്കെയാണ് എന്നിട്ട് അഭിഷേകം ചെയ്യുന്നു ശാന്തി വാച്ച വെറുതെ അഭിഷേകം ചെയ്യല്ല അത് ഗുരു തന്നെ ശാന്തി വാക്കുകളൊക്കെ ഉണ്ട് ശാന്തി നിങ്ങൾക്ക് അറിയുമായി ഓം ബ്രഹ്മശാന്തി ഓം വിഷ്ണുശാന്തി ഓം രുദ്രശാന്തി ഓം ജീവാത്മാശാന്തി അതറിയാമോ കേട്ടിട്ടുണ്ടോ ഓം പരമാത്മാശാന്തിന്തിന്തിന്തിന്തിന്തി ഓം ദൗഹ്തി ശാന്തി ഓം അപഹ്സാന്തി ഓം അഗ്നിശ്ശി ഓം ആകാശ്ശാന്ധി ഓ ഓഷധേശ്ശാന്ധി ഓ ഓം വനസ്പതസന്ധി ഗ്രഹ്സന്ധി ഓം സർവേ ദേവാശാന്തി ഓം സംവത്സരാഹ്ശാന്തി ഓം ഭർത്തശാന്തി ഓം മഷാഹാന്തി ഓം ശാന്തിരേവശാന്തി ഭഗവു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു അഭിഷേകം ചെയ്യുന്നു അഭിഷേകം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ശംനോ മിത്ര സംവരണ തുടങ്ങിയ മന്ത്രങ്ങളും ചൊല്ലി അഭിഷേകം ചെയ്യുന്നു ഇത് ശിഷ്യൻ ഗുരുവിനെല്ലാം അഭിഷേകം ചെയ്യുന്നു ഗുരു ശിഷ്യനഭിഷേകം ചെയ്തതിന് ശേഷം ബലത്തേക്കൈ ശിഷ്യൻ്റെ ശിരസിൽ വെച്ചുകൊണ്ട് പുരുഷ സൂക്തം മുഴുവൻ ചൊല്ലും അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അധ ഹൃദയാലംഭ അടുത്ത് വരുന്ന ഹൃദയാലംഭവം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇതും പലരും ചെയ്യാറില്ല ഇത്തിരി റിസ്ക് ഉള്ള പണിയാണ് അതുകൊണ്ടാണ് ചെയ്യാത്തത് അവിടെ ഒരു തപസ്സിയായ ഒരു ആചാര്യന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അല്ലാത്തവന് ചെയ്യാൻ പറ്റൂ തപഭൂതമായ അന്ധകരണം ഉള്ളവനോ ദൃഢമായ സങ്കല്പ ശക്തി അത് വേണം അങ്ങനെയുള്ളൊരു ഗുരുവിന് മാത്രമേ ഹൃദയാലംഭ എന്ന് പറയുന്ന ചടങ്ങ് ചെയ്യാൻ പറ്റൂ ഗുരു ഉത്തരാഭിമുഖമായിരുന്നു ശിഷ്യനെ ദക്ഷിണ പ്രാങ്മുഖനായിരുന്നു കിഴക്കോട്ട് തിരിച്ചറി അപ്പോൾ അത് സങ്കല്പിച്ചു എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് ഗുരു വടക്കോട്ട് തിരിഞ്ഞിരിക്കും ശിഷ്യൻ മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ തൻ്റെ വലത് കരം ശിഷ്യൻ്റെ ഇങ്ങനെ കക്ഷ ഭാഗത്തോടെ ഉള്ളിലേക്കിട്ട് ശിഷ്യൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് ഒരു മന്ത്രം ചൊല്ലി ദൃഢമായി സങ്കല്പിക്കുകയാണ് എന്താണ് മൃദയം തേ സാധാമി മുമ്പി തേ അനുചിത്ത അതോ മുമ്പ്രത സേവസ്വ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് പറയും അത് പ്രധാനമായി പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് എന്താണ് എൻ്റെ അർത്ഥം എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥാപിക്കുന്നു എൻ്റെ ചിത്ത ചിത്തത്തെ ഇനി നിൻ്റെ ചിത്തം അനുവർത്തിക്കട്ടെ എൻ്റെ വാക്കിനെ ഏകവ്രതനായി മനസ്സിലായല്ലോ ആ വാക്കിനെ മാത്രം നീ ഇനി സേവിക്കട്ടെ ഇത് എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ചങ്ക് പറിച്ചു എന്ന് പറയുന്നത് മലയാളത്തിൽ ഗുരു അതാ ചെയ്യുന്നത് ശിഷ്യന് അപ്പോൾ ഒരു കാര്യം ഓർക്കണം ഇങ്ങനെ തൻ്റെ തപസ് ഈ നമ്മളീ പിന്നെ ശ്രീരാമകൃഷ്ണദേവൻ്റെയും വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ട് രാമകൃഷ്ണദേവൻ തൻ്റെ എന്തോ ശക്തിയെ ഇത് ശരിക്കും സാമ്പ്രദായികമായ ഒരു രീതി തന്നെയാണ് അപ്പോൾ ഇതിന് തന്ത്രശാസ്ത്രത്തിൽ ശക്തിപാതം എന്നെല്ലാം പറയും അത് അവർ വേറെ രീതിയിൽ ചെയ്യുന്നു പക്ഷേ ദിസമ സമ്പ്രദായത്തിലും തപസ്സികളായ ആചാര്യന്മാരുണ്ടായിരുന്നു എന്നുള്ള എൻ്റെ അവരാണ് ഇതൊക്കെ രൂപപ്പെടുത്തിയെന്നുള്ളതിൻ്റെ ഒരു ഹൃദയത്തെ ശിഷ്യൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നു എന്നു പറഞ്ഞാൽ എന്താണ് ഈ ഹൃദയം എന്ന് പറയുന്ന ചിത്തം തൻ്റെ എല്ലാ ചിത്തവൃത്തികൾക്കും ആധാരമായിരിക്കുന്ന അന്ധക്കാരണം എൻ്റെ എല്ലാ വികാര വിചാരങ്ങൾക്കും ആധാരമായിരിക്കുന്ന അന്ധക്കരണത്തെ ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കുകയാണ് എന്നുവെച്ചാൽ അവിടെ ഗുരു ശിഷ്യൻ എന്നുള്ള ഭേദം ഇല്ലാതാക്കുകയാണ് ഗുരു ശിഷ്യൻ ഒന്നായിത്തീരുകയാണ് ആ ഹൃദയത്തിൻ്റെ സഹായത്തോടു കൂടി വേണം അവൻ മുന്നോട്ട് അവൻ്റെ സന്യാസധർമ്മത്തെ അവൻ്റെ ജീവിതത്തെ തന്നെ കൊണ്ടുപോകാൻ അപ്പോൾ ഇത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ സങ്കല്പം ഇതാണ് പറയുന്നത് ദ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു എന്നാണ് ഒരു ധാരണ പോഷകവും അപ്പോൾ അതിലൊന്നും ആ സങ്കല്പത്തിലൊന്നും യാതൊരു തരത്തിലുള്ള മാലിന്യമില്ല മായുമില്ല സത്യസന്ധമായ ആർജവത്തോടു കൂടി ആ പൂർണ്ണതയുള്ള ഒരു സങ്കല്പമാണ് അപ്പോൾ അങ്ങനെ ഒരു എന്താണ് തപോദാർഢ്യമുള്ള ഒരു മനസ്സിൽ ഒരു ആചാര്യന് അങ്ങനെ ഒരു സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ശിക്ഷല്ല അതിൻ്റെ ഫലം ഉണ്ടാവും അവൻ്റെ ചിത്തവൃത്തികളെല്ലാം എന്തെയും ആ ജീവനാന്തം ഗുരുവിനെ ഇതുപോലെ തന്നെ ആയിരിക്കും ഗുരുവിനെ തന്നെ അനുകൂലത്തി പിന്നെ അത് മറിച്ച് പറിച്ചു മാറ്റുന്ന പ്രശ്നമല്ല സന്യാസം അങ്ങോട്ട് കൊടുത്ത് ഇന്നിപ്പോൾ ധാരാളം നടക്കുന്നുണ്ടല്ലോ സന്യാസം കൊടുക്കുന്നു പിന്നെ തിരിച്ചെടുക്കുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല പക്ഷെ ഒരു കാര്യം സൂക്ഷിക്കണം എന്താണോ ആ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തൊരു ഓടയുണ്ട് വേരി ഇറക്കത്തിന് അതിനകത്തുള്ള എല്ലാ മാലിന്യങ്ങളും അങ്ങോട്ട് അപ്പോൾ ഇവിടെ ഗുരുവിനുള്ള നന്മകളെല്ലാം ഒരു വേലി ഇറക്കം പോലെ ശിഷ്യനിലേക്ക് തന്നെ വരണം ആ സങ്കല്പം മറിച്ച് വേലി ഏറ്റാൻ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ആചാര്യന്മാർ പേടിക്കുന്നത് ഇത് ഇത് നമ്മുടെ ചങ്ക് പറിച്ചു കൊടുക്കാൻ പോയിട്ട് അവൻ്റെ ചങ്ക് പറച്ച് ഇങ്ങോട്ടാണ് വയ്ക്കുന്നതെങ്കിൽ സംഗതി എന്തായിരിക്കും അത് പഴയ പറഞ്ഞു ആചാര്യം ആഗഛന്തി ശിഷ്യദോഷാഹ ശിഷ്യന്മാരുടെ ദോഷങ്ങൾ ആചാര്യനിൽ വന്നു ചേരും എന്ന് പറയുന്നത് കൊണ്ടാണ് യവൻ്റെ എല്ലാ കാമക്രോധാദികളെല്ലാം കൊണ്ട് പിന്നെ ആചാര്യൻ്റെ തലയ്ക്ക് തലയ്ക്ക് വന്നുകഴിഞ്ഞാൽ ശാന്തികർമ്മത്തിൽ വേതാളം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതുപോലെ ആവും അല്ലെങ്കിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പറഞ്ഞ ഒരവസ്ഥയായിപ്പോവും അതുകൊണ്ട് ഈ ഹൃദയാലംഭ എന്ന് പറയുന്ന ഈ ചടങ്ങ് ആസ്തികന്മാരായ ആചാര്യന്മാരിൽ തന്നെ ഇത്ര ചങ്ങുറ്റത്തോടുകൂടി നെഞ്ചി കൈവച്ച അത് നമ്മൾ മലയാളി പറയാതെ നല്ല നെഞ്ചി കൈവെച്ചാണ് പറഞ്ഞത് അല്ലെ നെഞ്ചി കൈവച്ചൊന്നും ആരും ചെയ്യാറില്ല പിന്നെ ചിലപ്പോൾ പറഞ്ഞു പോവുമായിരിക്കും കൂട്ടത്തിൽ പാട്ട് അതുപോലെ ഇതും പാടും ചെയ്യാറില്ല ചെയ്യാൻ ധൈര്യപ്പെടത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ കെൽപ്പുള്ള ഒരുവനാണ് ഈ ദീക്ഷ കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ഒരു ധാരണ ആ ശിഷ്യനൊരിക്കലും വ്യതിചലിക്കാൻ കഴിയത്തില്ല ബഡ് ചെയ്തിരിക്കയാണ് അല്ലേ പിന്നെ എങ്ങനെയാണ് മാറുന്നത് പിന്നെ നമ്മൾ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വരുന്ന അത്യുത്പാദനശേഷിയുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകളെ ചോദിച്ചാൽ അറിയാം ചെടിയാൽ പിന്നെ നല്ല പൂവ് നല്ല ഫലങ്ങൾ അല്ലേ ഉണ്ടാകുന്നു അതുപോലെയാണ് ശിഷ്യനിൽ കൂടുതൽ കൂടുതൽ നന്മ ശിഷുനിൽ കൂടുതൽ കൂടുതൽ ആധ്യാത്മിക അഭിവൃദ്ധി ശിഷ്യന പൂർണ്ണതയിൽ എത്തിച്ചേരുക അത് കൊണ്ടാണ് ഇങ്ങനെ ഹൃദയാലംഭമെന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇതിൽ പഴയ കാലത്ത് ആചാര്യന്മാർ രേഖപ്പെടുത്തി വെച്ചത് ഇന്ന് ചെയ്യുന്നതിന് ശക്തിയുള്ള ഒരു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ ഈ സന്യാസമൊന്നും ആർക്കും കൊടുക്കാറില്ല എനിക്ക് വേലിയേറ്റത്തെ പേടിയ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശാസ്ത്രവിധി അനുസരിച്ച് അല്ലെങ്കിൽ ചെയ്യില്ല കാരണം ഞാൻ ഗണപതി മും ചെയ്യാറില്ല എന്തുകൊണ്ട് ചെയ്യുന്നെങ്കിൽ എങ്ങനെ ചെയ്യണം ശാസ്ത്രവിധി ചെയ്യണം ചെയ്യാതിരുന്ന പ്രശ്നമില്ലല്ലോ നമ്മളാരും അടിക്കുകയും പിടിക്കുകയൊന്നും ഇല്ല ചെയ്താൽ അതനുസരിച്ച് കാരണം അത് അങ്ങനെ ഒരു വിധാനമുണ്ട് പഴയാചാര്യന്മാർ ഇവിടെ പറയുന്നു അഗ്നിഹോത്രം ജ്യോതിഷ്ടവുമാണ് ഏറ്റവും വലിയ കർമ്മം ഈ അഗ്രഹോത്രം ജ്യോതിഷ്ടോമം തുടങ്ങിയ കർമ്മങ്ങളെക്കാളും എല്ലാം മൂല്യവത്ത് ശ്രേഷ്ഠവുമാണ് എന്ത് ദീക്ഷാകർമ്മം സന്യാസ ദീക്ഷാധർമ്മം അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് രീതിയിൽ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യുകയൊക്കെ അറിഞ്ഞിട്ട് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ത് വേണോ റിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഒരാൾ ചെയ്യാൻ ധൈര്യപ്പെടത്തില്ല ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ അഴകുഴമ്പനൊരു ഏർപ്പാടായിട്ട് സംഗതിയൊക്കെ ചെയ്തു പോവുക അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചടങ്ങ് കഴിയുമ്പോൾ ഈ ശിഷ്യൻ ഗുരു തുല്യനായിത്തീരും അതുകൊണ്ടാണ് അവസാനം പറയുന്നത് പിന്നെ നീ സന്യാസദീക്ഷ നിനക്കും കൊടുക്കാം അധികാരിനെ സാധനസമ്പന്നായ സാധനസമ്പന്നനായ അധികാരിയായ ഒരുവന് സന്യാസദീക്ഷ സ്വീകരിച്ച ഒരാൾ കൊടുക്കാനും അധികാരിയാണ് അതാണ് പ്രത്യേകം എന്തുകൊണ്ട് ഇതുകൊണ്ട് തന്നെ അയാൾ പൂർണ്ണനായില്ലേ ഗുരുവല്ലേ പിന്നെ അയാളുടെ ഹൃദയത്തിലിരിക്കുന്നു അതാണിപ്പോൾ ഇപ്പോൾ ഗുരു പറയും ഗുരു എൻ്റെ ഹൃദയത്തിലും ഉണ്ട് അത് നമ്മളിങ്ങനെ ഭാവന ചെയ്ത് പ്രാർത്ഥിച്ചുണ്ടാക്കുന്നതാണ് ഗുരു അങ്ങോട്ട് ഇറങ്ങി വരണ്ടേ ഇരിപ്പിട ശരിയല്ലെങ്കിൽ നടക്കുമോ റിസ്ക് എടുക്കാൻ ഒരു ഗുരുവും തയ്യാറാകത്തില്ല ഇത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുവ ശിഷ്യൻ്റെ വലതു ചവിയിൽ താരകബ്രഹ്മോപദേശം അത് സാധാരണ ചെയ്യുന്നത് ശങ്കരാചാര്യന് എഴുതിയിട്ടുള്ള പഞ്ചീകരണമെന്ന് പറയുന്ന ആ സാധാരണ പറയുന്നത് എന്ന് വെച്ചാൽ താരകബ്രഹ്മെന്ന് പറയുന്ന അറിയാൻ അത് ഓങ്കാരമാണ് ഓങ്കാരത്തെ ഉപദേശിക്കുകയാണ് അത് ഓം ഓമെന്ന് പറയുന്നില്ല അദ്ദേഹം നേരത്തെ അറിയാമല്ലോ മറിച്ച് അതിൻ്റെ വിശദമായ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് വിശദമായിട്ട് നമ്മൾ മണ്ടൂക്കിത്തിലൊക്കെ പഠിച്ചില്ലേ അതുപോലെ തന്നെ അകാര ഉപകാരം മകാരങ്ങൾ തൈജസ്സന്മാർ പിന്നെ അത് അവിടെ ഉപദേശിക്കുന്നത് ഒരു ഉപാസനക്കൂടി പറ്റത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പ്രണവ ഉപാസനയുടെ ഫലം പറയുന്നത് മാണ്ഡവകത്തിലെ തത്വജ്ഞാനമായിട്ടാണെങ്കിലും ഇവിടെ അത് ലയസമാധിക്ക് വേണ്ടിയിട്ടാണ് ശിഷ്യന് സമാധി ഉണ്ടാകത്തക്ക രീതിയിൽ അത് വിശദീകരിച്ചു കൊടുക്കും അപ്പം ഈ പറയുന്ന തപഭൂതം ജ്ഞാനഭൂതം ആയിരിക്കണം ചിത്തമൊന്നാണ് തപസ് കൊണ്ടും അത് പരിശുദ്ധമായിരിക്കണം ജ്ഞാനം കൊണ്ടും പരിശുദ്ധമാവണം എന്നാണ് ഉപാസന എന്ന് പറയുന്നത് ഭാഗമാണ് അതും ഉപദേശിച്ചുള്ളൂ അല്ലെങ്കിൽ ഇനി ജ്ഞാനമാണെങ്കിൽ അത് മതി അഭിജേദസി പാപേഭ്യ സർവേഭ്യ സർവം ജ്ഞാന പ്ലവേനൈവ്രചനം അതുപോലെ തന്നെ പറയുന്നത് എന്താണ് അഭിജി സുദുരാചാരോ സധുരേവ സമന്ദവ്യോ എന്നാലും ആ പാപനാശത്തെക്കുറിച്ച് ഉറപ്പിച്ച് ഭഗവാൻ പറയുന്നത് എന്തിനെ സംബന്ധിച്ചിട്ടാണ് ജ്ഞാനപ്ലവം ജ്ഞാനം കൊണ്ടാണ് നീ പാപിയാകണം എന്ന് വേണ്ട എന്താണ് പാപകർത്തമ ഈ ലോകത്ത് ആരും ചെയ്തിട്ടില്ലാത്ത പാപങ്ങൾ ഇനി അത് ബ്രഹ്മഹത്യാപാപമോ ഭ്രൂണഹത്യാപാപമോ അങ്ങനെയുള്ള പാപങ്ങളായാലും ശരി ഏറ്റവും വലിയ പാപിയായാലും ശരി എന്താണ് സർവവും ആ കൊണ്ടവൻ തരണം ചെയ്യുന്നു എന്നുവെച്ചാൽ അവൻ ആ പാപത്തിൻ്റെ ഫലത്തെ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നാണ് അപ്പോൾ അവന് ജ്ഞാനത്തെ തത്ത്വോപദേശം ചെയ്യുന്നു തപസ്സവൻ ഉപദേശിക്കുന്നു എത്ര പൂർണ്ണമായൊരു പദ്ധതിയാണ് നമ്മുടെ ആചാര്യന്മാർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അതൊക്കെ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഒരുവൻ്റെ ജീവിതം ധന്യമായിത്തീരും അതിന് സംശയമൊന്നുമില്ല സന്യാസം കൊണ്ട് അപ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ നമ്മൾ തുരിയാശ്രമത്തിലാണ് ഉത്തമാശ്രമത്തിലാണ് എന്നൊക്കെ പറയാൻ പറ്റൂ അപ്പോൾ ഇത് ഉപദേശിച്ചതിന് ശേഷം അപ്പോൾ ഇനിയിപ്പോൾ ഗുരുവിശിക്ഷം തമ്മിൽ ഭേദമൊന്നുമില്ല അടുത്ത് മഹാവാക്യം ഉപദേശിക്കുന്നു അത് ഓരോ സമ്പ്രദായത്തിൽ ഓരോന്നാണ് വളരെ പ്രധാനപ്പെട്ടാണ് മഹാവാക്യവും അർത്ഥസഹിതം ഉപദേശിക്കുന്നു മഹാവാക്യം ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് പിന്നെ ഇവിടെ ദീക്ഷാ ഗുരു ശിഷ്യനെ കാണുന്നത് എന്തായിട്ടാണ് പരിപൂർണ സച്ചിദാനന്ദ പരബ്രഹ്മമായി തന്നെ കാണും അതിനൊട്ടും കുറച്ചിട്ട അങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ ആരാ ഗുരു ശിഷ്യൻ തന്നെ വീണ്ടും രണ്ടാമത്തെ നമസ്കാരം ഗുരു എഴുന്നേറ്റ് എൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഗുരുവിനെ വീണ്ടും നമസ്കരിക്കും ഗുരു ശിഷ്യനെ ഇതിൻ്റെ ഇടയ്ക്ക് ശിഷ്യൻ്റെ നമസ്കാരങ്ങളൊക്കെ ഉണ്ട് അതിന് കുറവൊന്നുമില്ല പക്ഷേ ഇത് രണ്ടാമത്തെ നമസ്കാരം വീണ്ടും നമസ്കരിക്കും അത് ഇവിടെ നമസ്കരിക്കുന്നത് ആദ്യം ശിഷ്യനെ രുദ്രനായി കണ്ട് ദേവത രൂപത്തിൽ നമസ്കരിച്ചെങ്കിൽ രണ്ടാമത് ശിഷ്യനെ പരിപൂർണ്ണ സ്വച്ഛദാനന്ദ സ്വരൂപമായി കണ്ടിട്ട് തന്നെ ഗുരു ശിഷ്യനെ നമസ്കരിക്കുന്നു ഇന്നലെയും നമ്മൾ ഗുരു നമസ്കരിച്ചെടുത്താൽ നിർത്തിയത് ഇന്നും നമുക്കവിടെ തന്നെ നിർത്താം